രമിക്കണം രമിച്ചു തുടങ്ങണം മനസ്സ് രമിക്കണം എന്നാണ് ശേഷബ്രഹ്മി പറയുന്നത് രമന്ത മനസ്സ് രമിക്കണം വെറുതെ അല്ല എന്തെങ്കിലും ചെയ്യണത് ഇപ്പൊ കഷായം കുടിക്കണ പോലെ കുടിച്ചാലും കാര്യകശരി നാലും രോഗത്തിന് മരുന്നാണത് കഷായം കുടിക്കണ പോലെ കുടിച്ചാലും മരുന്നാണ് പക്ഷെ അമൃത് കുടിക്കണത് പോലെ പിബത ഭാഗവതം രസം ആലയം വളരെ രസമായിട്ട് ഇത് പാനം ചെയ്യുമ്പോൾ അത് കഴിക്കുമ്പോഴും രസമാണ് അത് കഴിച്ചാൽ പിന്നെയും രസമാണ് ഇങ്ങനെ സംസാര രോഗത്തിൽ നിന്ന് വിമുക്തി കിട്ടാൻ ഇത്രയും എളുപ്പമായൊരു മാർഗം പരീക്ഷിത്തെ വേറെ ഇദം ഇതം ഭാഗവതം നാമാം പുരാണം ബ്രഹ്മസം അധീതവാൻ ദ്വപരാതോ ദ്വൈപായനാദം ഈയൊരാശയം അച്ഛൻ അടുത്ത കാലച്ചിരു അടുത്ത കാലത്ത് രചിച്ച രചിച്ച ഭാഗവതം എന്ന ആ ഗ്രന്ഥം പല ഉരു പല പാരായണം ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഈ ആശയത്തിന് കുറേ കൂടി ഒഴുക്ക് കൂടി കൂടി കൂടി വന്നു ഒരു കാലത്ത് ഞാൻ പരിനിഷ്ഠിതോപീ നൈർഗുണ്യേ എനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ല ഇതൊക്കെ എന്തൊരു വിട്ടിത്തം ആളുകൾ ഒരു തൊഴിലില്ലാണ്ടിരിക്കുന്ന ആളുകൾക്ക് വെച്ചിട്ടുള്ളതാണ് ഈ ഭാഗവത സപ്താഹവും നാമഞ്ജപവും അതൊക്കെ ഒരു തരം ശരിക്ക് മനുഷ്യന് വേറെ പല ജോലി എടുക്കാൻ ഭാഗവതം വായിച്ചു കൊണ്ട് നടക്കുകയെ നാമം ജപിച്ചുകൊണ്ട് നടക്കുകയെ സപ്താഹം ഇതൊക്കെ ഒരു തരം വാർദ്ധക്യ രോഗാണെന്ന് ഈയിടെ ആരോ എഴുതി കൊണ്ടൊരു മഹായോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി മലയാളത്തിലൊക്കെയാണെന്നുള്ള നാലഞ്ച് ലേഖനങ്ങള് തുടർച്ചയായിട്ട് വാർദ്ധക്യ രോഗം ഉന്മാദരോഗം അതിൽ പെട്ടതാണ് ഈ ഭാഗവതം നാമഞ്ജപവും അതില് രമന്ത നൈർഗുണ്യസ്മ ഇതൊക്കെ വെറും നിർഗുണന്മാർക്ക് അല്ലാതെ ജീവിതത്തിൽ ഒരു തൊഴിലില്ലാതെ കൊണ്ട് ഉണ്ണും ഇന്നും ഉറങ്ങിയും നടക്കണ ആളുകൾക്ക് നിഷ്കർമ്മണ്യന്മാരുടെ അലസന്മാരുടെ ഒരു ഏർപ്പാടാണ് ഈ ഭക്തി പ്രസ്ഥാനം എന്ന് വാദിച്ച് വളരെ ശക്തിയായിട്ട് വാദിക്കുന്ന ആ ഒരു ലേഖനം ഇപ്പം ഇട തുടർച്ചയായിട്ട് മലയാളം മാഗസീനില് വായിക്കുകയുണ്ടായി എനിക്കും ആദ്യകാലത്ത് ആ അഭിപ്രായമായിരുന്നു ശ്രീശുഖബ്രഹ്മിയാ പറയണേ എനിക്കും ആദ്യകാലത്ത് ആ അഭിപ്രായമായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഭഗവാന്റെ ഇങ്ങനെ പാടുക ബർഹാപീഠം നടവരോ കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകിഷം വൈജയന്തീൻ ചമാലാം രന്ധ്രാൻ വേണോ അധരസുധയാപൂരയൻ ഗോപവൃന്ദയെ വൃന്ദാരണ്യം അങ്ങനെ ആ വൃന്ദാവന ബാലൻ്റെ ലീലകൾ അച്ഛൻ പാടിക്കേട്ട് കേട്ട് കേട്ട് കേട്ട് എന്തോ എനിക്ക് ഉത്തമ ശ്ലോകലീലയാ ഗൃഹീതചേതാന്നാണ് എൻ്റെ മനസ്സ് ഭഗവാങ്കിലേക്ക് ആവേശിക്കുന്നതിന് പകരം ഭഗവാന്റെ ലീലകൾ വന്ന് എൻ്റെ മനസ്സിനെ അതിലിട്ട് കുടുക്കി ഗോപിമാരുടെയും കൃഷ്ണന്മാരുടെയും നടുക്കിൽ കുടുങ്ങിയൊരു കൃഷ്ണൻ ലേ അങ്കനാമങ്കനാ മന്തരേ മാധവം മാധവം മാധവം ചാന്തരേണാങ്കന ഇത്തമാകൽപിതേ മണ്ഡലേ മധ്യകസോ വേണുനാദേവീ നന്ദന അങ്ങനെ ഭക്തന്മാരുടെയും ഭഗവാന്റെയും നടുക്ക് കുടുങ്ങി പോയ ഒരു മനസ്സായി തീർന്നു എൻ്റെ എൻ്റെ മനസ്സിപ്പോൾ ആ ഭഗവാന്റെ ശ്രീപാദ അരവിന്ദങ്ങളിൽ നിന്ന് ഭഗവാന്റെ ലീലാകഥകളിൽ നിന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റ മനസ്സിന് സാധിക്കുന്നില്ല ശ്രദ്ധ താൻ മുകുന്ദേ രാജരുഷേ ആഖ്യാനീതവാൻ അച്ഛനെഴുതിയ ഈ ഭാഗവതം ഓരോ തവണ വായിക്കും തോറും ഗൃഹീത ചെയ്താ എൻ്റെ മനസ്സ് അതിൽ കൂടുതൽ കൂടുതൽ പെട്ടുപോവാണ് എനിക്കിപ്പോൾ എൻ്റെ മനസ്സ് അവിടെ നിന്നും മാറണില്ല ഇനി ഭഗവത് കഥ പാടാനോ ഭഗവത് കഥകൾ അനുസ്മരിക്കാനോ ഭഗവത് കഥകൾ കേൾക്കാനോ ഇടയില്ലാത്ത സന്ദർഭങ്ങൾ അതിനവസരം കിട്ടാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്നെ വന്ന് പിടികൂടിയിട്ടുള്ളത് ആരാന്നറിയോ ഹരേർണാമാനുകീർത്തനം ഭഗവാൻ്റെ നാമങ്ങൾ അനുകി എൻ്റെ നാവുമ വന്നിങ്ങനെ നൃത്തം വയ്ക്കുക ഭഗവാൻ കാളിയൻ്റെ പണങ്ങളിൽ നൃത്തം വെച്ചതിനേക്കാൾ സകല കലാദിഗുരു ഭഗവാൻ്റെ നാമങ്ങൾ എൻ്റെ നാവിൽ വന്ന് നൃത്തം വയ്ക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് എൻ്റെ ഹൃദയമാകുന്ന വൃന്ദാവനിയിൽ എന്നും നൃത്തം വയ്ക്കുന്നു വരം മുഹൂർത്തം വിദിതം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വരമായ മുഹൂർത്തം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദസന്ദകമായ നിമിഷങ്ങൾ ഇതായതുപോലെ ഭഗവാനെ സ്മരിക്കുമ്പോൾ ഭഗവാൻ്റെ ലീലകൾ പാടുമ്പോൾ ഭഗവാൻ്റെ നാമം ജപിക്കുമ്പോൾ ഈ ഒരവസ്ഥ ഞാൻ നേടിയെടുത്തതല്ല ഇതെനിക്ക് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും എൻ്റെ കാരണവന്മാരിൽ നിന്നും എൻ്റെ ഗുരുവായൂരപ്പനിൽ നിന്നും പകർന്നു കിട്ടിയ ഒരാനന്ദരസമാണ് പരീക്ഷിതെ തവാബി സപ്ഹം ജീവിത അങ്ങക്ക് ഏഴ് ദിവസം ജീവിതത്തിൽ ബാക്കിയുണ്ട് എന്ന് നിർണ്ണയിക്കപ്പെട്ടില്ല ഖട്ടുവാമരാജി ഞാമിഷ വാൻ കേവലം ഒന്നര മണിക്കൂർ നേരത്തെ നിരന്തരമായ നാമാനുകീർത്തനം ആ നാമാനുകീർത്തനത്തിലൂടെയാണ് ഭഗവാന്റെ സച്ചിദാനന്ദ ലോകത്തിൽ ഒഴുകിയെത്തിയത് അങ്ങക്ക് ഏഴുണ്ടല്ലോ പേടിച്ചീടേണ്ട നീ പാഴാകന്മം ഞാനുള്ള അങ്ങ് ഗൃഹാൽ പ്രവർത്തി പുണ്യതീർത്ഥ ജലാപ്ലുത അങ് എന്തെന്ത് മഹാഭാഗ്യങ്ങൾ സാധാരണ ആളുകൾക്ക് കുടുംബം വിട്ടുപോരാ എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതി അങ് അങ്ങക്ക് മക്കളുണ്ട് മിടുമിടുക്കന്മാരായ മക്കളുണ്ട് അങ്ങക്ക് ഭാര്യ ഉണ്ട് അങ്ങക്ക് എല്ലാവിധ അധികാരങ്ങളുമുണ്ട് ആരും റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല അങ് ഈ റെസിഗ്നേഷൻ ഇതിന്നൊക്കെ അങ്ങ് വിട്ടു ഭാര്യ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും ഗ്രഹനാഥൻ എന്ന പദവിയിൽ നിന്നും രാജാവ് എന്ന പദവിയിൽ നിന്നും ഒക്കെ അങ്ങ് വിട്ടുനിന്നു ഗ്രഹാൽ പ്രവർത്തിതോ ധീര പുണ്യതീർത്ഥ ജലാപ്ലുദ ഇവിടെ വന്ന് ഈ സ്നാനം ചെയ്ത് അങ് ഇവിടെ എനിക്കറിയാം ഈ ഭക്തന്മാരിവിടെ വന്നെത്തുന്നതിന് മുമ്പ് തന്നെ അങ് ഈ ഗംഗാതീരത്തിരുന്ന് കൃഷ്ണകൃഷ്ണാ മുകുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദ നാരായണാരേ അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാര് അങ്ങനെ ഭഗവാന്റെ നാമസങ്കീർത്തനം ആരംഭിച്ചതായിട്ട് എനിക്കറിയാം ഈ ഈ ഇപ്പൊ മനസ്സിന് അങ്ങിയ ഒരു ഒരു ഒരു ഒരു പിടിവള്ളി എന്ന് പറയട്ടെ ഗൃഹീതചേതാഹ ഇപ്പം അങ്ങയുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ലേ ഒരു തരം ആരാധനാ സമ്പ്രദായം ഈശ്വരാഭിമുഖമായ ഒരു മനസ്സിൻ്റെയും വാക്കിൻ്റെയും പ്രവൃത്തികളുടെയും ഒക്കെ ഒരു ഒരു യാനം ഇത് അങ് വിടാതെ സൂക്ഷിച്ചോളൂ അഭ്യസേൻ മനസ്സാശുദ്ധം ഇപ്പം അങ്ങക്ക് ലഭിച്ച ഈ മനസ്സംസ്കാരം ഇത് അങ്ങക്ക് കൈവിട്ട് പോകാതിരിക്കട്ടെ എന്നാൽ തീർച്ചയായിട്ടും അങ് ദാ ഭഗവാന്റെ ശ്രീവാദത്തിൽ ചെന്നെത്തും പതും തൽ പരമം വിഷ്ണോ മനോ എത്ര പ്രസീതീ അപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദരസം ആശു സമ്പത വളരെ പെട്ടെന്ന് അങ്ങക്ക് കിട്ടും പരീക്ഷിച്ച് ചോദിച്ചു അപ്പം പറഞ്ഞു മനസ്സ് ശുദ്ധമായാൽ ശുദ്ധേ മനസ്സി അതാണല്ലോ അർത്ഥം മനസ്സ് നേരിയായിട്ടുണ്ട് ഇപ്പോൾ അങ്ങയുടെ മനസ്സിലിപ്പോൾ യാതൊരു കളങ്കവും ഒരു കന്മഷവും ഇങ്ങനെ മനസ്സ് ശുദ്ധമായാൽ താനേ ഈശ്വരന് ഗൃഹീത ചേത അങ്ങയുടെ അനുഭവം വെച്ച് അങ്ങത് പറഞ്ഞു പക്ഷേ പലപ്പോഴും പുരുഷസ്യ മനോമലം മനുഷ്യ മനസ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് വേറെയൊക്കെ ശുദ്ധാക്കാം ഇപ്പം മുഖം സോപ്പ് ഇന്നത്തെ ഉപ്പ് ശരിയാക്കാം പല്ല് ഇത് വൃത്തിയാക്കാം വായനാറ്റം അകറ്റാം ഇതിനൊക്കെയുള്ള പരസ്യങ്ങൾ കാണുന്നുണ്ട് പക്ഷേ മനസ്സ് എങ്ങനെ ശുദ്ധമാക്കും എന്നുള്ള കാര്യത്തിൽ ഇന്നും മനുഷ്യന് പല പല ഒരു വികൽപ്പാണ് അതെങ്ങനെയാണ് മനസ്സെങ്ങനെയാണ് നേരെയാവുക അതിന് പല മാർഗങ്ങളുണ്ട് യോഗചര്യകളാണ് അതിന് സഹായിക്കുന്ന കർമ്മ സാധനാനുഷ്ഠാനങ്ങൾ എന്ന് സജ്ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട് യോഗചര്യകൾ തന്നെ പല രീതിയിൽ ജ്ഞാനയോഗം ഭക്തിയോഗം കർമ്മയോഗം രാജയോഗം സാഖ്യയോഗം ഇങ്ങനെ പല രീതിയിലുള്ള യോഗചര്യകളെ കൊണ്ട് മനുഷ്യന് മനസ്സിന്റെ മലം മനോമലം മനസ്സിന്റെ കന്മഷങ്ങള് തുടച്ചു കളയാം മനസ്സിലെ മാലിന്യങ്ങൾ മാറിക്കിട്ടിയാൽ ശുദ്ധേ മനസി ഗോവിന്ദ സഹസൈവ പ്രകാശത്തെ മനസ്സ് ശുദ്ധമായാൽ മനസ്സിൽ ഗോവി ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും ീ ശുദ്ധമാവാത്ത ആളുകളുടെ മനസ്സിലേക്ക് പോലും ചിലപ്പോ ഭഗവാൻ ആഹൂത യുവമേ ഇയാൾ എന്നെ വിളിച്ചു നാം അങ്ങനെ ജപിക്കാ ഇത്ര നേരം ഒരാൾ ഫോൺ ബെല്ല എത്ര നേരമായി ബെല്ലടിക്കണോ എന്നിട്ട് ഇനിയൊന്നും ചെന്നെടുത്തില്ലെങ്കിലോ എന്ന് നമ്മൾ ഫോൺ കടന്നെടുക്കണില്ലേ ആദ്യമൊക്കെ ഒന്ന് വെറുതെ ഈ ഉറങ്ങുന്ന സമയത്ത് ഹ ഭഗവാൻ ഈ കുറച്ചൊക്കെ ബെല്ലടിച്ചെടുത്തില്ല എന്ന് വരും പക്ഷെ നിരന്തരായിട്ടിങ്ങനെ കൃഷ്ണ കൃഷ്ണാ നാരായണ ഹരേ ഗുരുവായൂരപ്പാ ഹരേ നാരായണ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഭഗവാന് നമ്മുടെ വിളിയൊന്നും കേൾക്കാതിരിക്കയോ എന്തേ വിളിച്ചത് അല്ല ഒന്നുമില്ല എനിക്ക് എത്രയായിട്ടും മനസ്സങ്ങോട്ട് നേരെയാവണില്ല ഗുരുവായൂരപ്പ എങ്ങനെയെങ്കിലും ഈ മനസ്സൊന്ന് നേരെയാക്കി തരണം ഇത്ര വേണ്ടു ഹൃദ്യന്തസ്തോഹ്യഭദ്രാണി വിധുനോഹൃൽ സദാം മനസ്സ് അടച്ചിട്ടൊന്നുമില്ല മനസ്സ് തുറന്നു വെച്ചോളൂ ഏഹ് അത് ഓടാമ്പലിട്ടാ എനിക്കകത്ത് കിടക്കാൻ പ്രയാസമാണ് എനിക്ക് കിടക്കാൻ ഭാഗത്തിന് മനസ്സൊന്ന് തുറന്നു വയ്ക്കൂ എന്നാൽ ഞാൻ അവിടെ വന്നോളാം എന്ന് ഭഗവാൻ പറയുക അവിടെ വന്നു എന്നല്ല അഭദ്രാണി ഭഗവാൻ തന്നെ അവിടെ അയ്യോ ഇവിടെ എന്താ ഇതേ ജയ്യേ ഇവിടെ നിറച്ച് ക്രോധം ഇങ്ങനെ ക്രോധമായ അതൊക്കെ ഭഗവാൻ തന്നെ വാരി ദേഷ്യം ഒക്കെ വാരിക്കൂട്ടി ഭഗവാൻ തന്നെ കളഞ്ഞു ജയ്യോ ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ നിറയെ ദുഃഖം ഈ ചളി വിളിയായിട്ട് ഇതൊക്കെ ഭഗവാൻ വന്ന് ആ ദുഃഖമൊക്കെ തുടച്ച് കളയണു ഭഗവാൻ്റെ തന്നെ കാമയേഷ ക്രോധയേഷ ഇങ്ങനെ ഹൃദ്യന്തസ്തോഹി അഭദ്രാണി വിധുനോ തീ സുഹൃൽ അങ്ങനെ ഭഗവാൻ അവിടുത്തെയുടെ സഹായം ആവശ്യപ്പെടുന്ന ആളുകളെ ഭഗവാൻ തീർച്ചയായിട്ടും വന്ന് അവർക്ക് പറ്റാത്ത കാര്യങ്ങളിൽ അവർക്ക് പറ്റുന്ന കാര്യങ്ങളിലും ഭഗവാനാണ് സഹായം ഭഗവാൻ്റെ തുണ വേണം എന്ന് നമ്മൾ ഉള്ളു പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവിടുന്ന് വന്ന് നമ്മളെ വേണ്ട രീതിയിൽ സഹായിക്കും പോരാ നാം അറിയാതെ ഇപ്പോൾ മനസ്സിൽ അവിടെയും ഇവിടെയും ചണ്ടിത്തങ്ങൾ ഉണ്ടാകുന്നതിന് പകരം മനസ്സ് എന്തൊരു വൃത്തിയായിട്ടായിരിക്കണേ ആ എവിടെ നോക്കിയാലും മനസ്സിന് എന്തൊരു സുഗന്ധം എവിടെ നോക്കിയാലും കണ്ണിന് ഇമ്പം പകരുന്ന കാഴ്ചകൾ എവിടെ എവിടെ നിന്നും അതിമനോഹരമായ നാദങ്ങൾ ഇങ്ങനെ കണ്ണിനും കാതിനും കരളിനും മുഴുവൻ നാം അറിയാതെ തന്നെ ഇമ്പം നൽകും അങ്ങനെയുള്ള ആ ഭഗവാനെ തം സത്യം ധിം ഭജേത അങ്ങനെയുള്ള സത്യം പരം ധീമഹി സാന്ദ്രാനന്ദവോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വം ഇതാ നമുക്ക് സ്വാധീനമായിട്ട് തീരും അപ്പോൾ പിന്നെ ന ആത്മപാപ പിന്നെ ഈ ജീവാത്മാവിന് ഒരിക്കലും വീഴ്ച പറ്റില്ല ആ ജീവാത്മാവ് എത്തേണ്ടിടത്തേക്ക് അങ്ങനെ എത്തിക്കോളും ഇതൊക്കെ അല്ല യോഗചര്യകൾ സ്വാധീനമായിട്ടുള്ള ആളുകൾക്ക് ഇത്രയൊന്നും തസ്മാൻ സർവാത്മനാരാജൻ ഹരി സർവത്ര സർവദ ശ്രോതവ്യ കീർത്തിയോ ഭഗവാൻ പിബന്തിയെ ഭഗവത ആത്മന സദാകഥാമൃതം ശ്രവണപുടേംഭൃതം വിഷയവിദൂഷിതാശയം ബോധപൂർവമായ ഒരു ഈശ്വരാരാധനയൊക്കെ നടത്തിയിട്ടുണ്ടോ സംശയ പക്ഷേ എങ്കിലും ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ഇമ്പം തോന്നി അത്രേ ഒരു ഇമ്പം പലതിലൂടെ നമുക്കൊരു ഒരു കമ്പം ഇമ്പം ഒക്കെ തോന്നുന്നില്ലേ അതുപോലെ ഭഗവത്കഥകളോട് ഒരു ഇമ്പം തോന്നി ശ്രവണപുടേഷൂ സംഭൃതം സൗര്യം കിട്ടുമ്പോഴൊക്കെ ഭഗവത്കഥ കേൾക്കാൻ ഒരുങ്ങി പക്ഷെ അതേ സമയത്ത് പ്രാരബങ്ങളിൽ നിന്നും മുഴുവൻ മുക്തി കിട്ടിയിട്ടൊന്നുമില്ല എന്തെന്ത് പ്രാരബങ്ങളുണ്ടെങ്കിലും ഭാ ഭഗവത്കഥ കേൾക്കാൻ സൗകര്യം ഉണ്ടപ്പോൾ പ്രാരബ്ധങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി ഭഗവത്കഥ കേൾക്കുന്നത് ഒരു ശീലമാക്കിയ ആളുകൾക്ക് ആദ്യമൊക്കെ ശ്രവണ പുടയേഷു സമ്മ്രദം ചിലപ്പോൾ ഒരു കാതിൽ കൂടി കടന്നു മറ്റു കാതിൽ കൂടി പോയി അതൊക്കെയായിരുന്നു ആദ്യത്തെ സമ്പ്രദായം കുറച്ച് കഴിയുമ്പോഴതല്ല രണ്ട് കാതിൽ കൂടിയും ഭഗവത് കഥകൾ ഉള്ളിലേക്ക് ഇങ്ങനെ കിനിഞ്ഞു കിണിഞ്ുവരിക എന്നല്ല പുനന്തിതേ വിഷയവിദൂഷിതാശയം അയ്യയ്യോ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളിലായിരുന്നു മനസ്സിന് ഇതുവരെ കമ്പം ഇപ്പതൊന്നുമില്ല ഇപ്പൊ ഭഗവത് കഥയിൽ കമ്പം ആ കഥാപുരുഷനിൽ കമ്പം ഇങ്ങനെ കഥയിലും കഥാപുരുഷനിലുമായിട്ട് നമ്മുടെ മനസ്സിന് കൂടുതൽ ഒരു ഏകാഗ്രത വരും ഒടുവിൽ വ്രജന്തി തച്ചരണ സരോരുഹാന്തികം ഭഗവാന്റെ തന്നെ പീലിതിരുമുടി തൊട്ട് അവിടുത്തെ ത്രൈലോക്യ മഹീയസമായ ആ സ്വരൂപത്തിൽ അവിടുത്തെ ശ്രീവാദത്തിനോട് ശ്രീവാദത്തിനോട് കൂടുതൽ കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങും യോഗീന്ദ്രാണേഷു അധിക സു മുക്തിഭാ നിവാസോ ഭക്തം കാമവർഷദ്യുതരുക്കി സലയം മാത്ര തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപത്തെ കാരണ്യസിന്ധോ ഹൃദ്രശ്ശേഷൻ പ്രദതു പരമാനന്ദസന്ദോലക്ഷ്മി പരീക്ഷിത് ശ്രീശ്വബ്രഹ്മർഷിയെ തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു ഏതായാലും അടിയന് ഏഴ് ദിവസ ആയുസ് ഉണ്ട് അത് പാഴായിപ്പോയില്ല എന്ന് അവിടുന്ന് പറഞ്ഞല്ലോ അടിയനെ കുറച്ച് മുമ്പ് അവിടുന്ന് സൂചിപ്പിച്ചതുപോലെ വിബന്തിയേ ഭഗവത ആത്മന സദാ കഥാമൃതം ഈ ഏഴ് ദിവസം അവിടുത്തെ കഥാമൃതം മാത്രം സേവിച്ച് കഴിഞ്ഞാൽ കൊള്ളാവുന്നൊരു മോഹമുണ്ട് അതിനവിടുന്ന് അനുഗ്രഹിക്കണം ശേഷബ്രഹ്മർഷി വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയ കുറച്ചുനേരം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നു ഭഗവാനെ അവിടുന്ന് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ എത്ര എത്ര അവതാരം അതൊന്നും അമ്മമാരുടെ ഗർഭപാത്രത്തിൽ ചെന്ന് അങ്ങനെയൊന്നും അവതരിച്ചിട്ടില്ല മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ഒരുതരം ചൈതന്യമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് യഥാ പ്രാച്യാൻ ദിശി ഇന്ദുരിവ പുഷ്കല സൂര്യൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭാഗത്ത് കാണണേ ആ അങ്ങോട്ട് കാണുകയാണ് നമ്മൾ കിഴക്ക് ഭാഗത്ത് ദാ വരുണു അമ്പിളിയമാവൻ എന്നുള്ള നിലയ്ക്ക് ഇതുപോലെ ഭഗവാൻ്റെ അവതാരങ്ങൾ പലതും പക്ഷേ അവിടുന്ന് ഒരു ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അങ്ങോട്ട് കടന്ന് ആ ഭക്തൻ്റെ എല്ലാ രക്ഷയും ഏറ്റെടുക്കുകയുണ്ടായി അങ്ങനെയുള്ള അവിടുത്തെ ഏറ്റവും പ്രിയങ്കന പ്രിയങ്കരനായ ഒരു ഭക്തൻ ദാ അവിടുത്തെ കഥകൾ പാടാൻ ഈ ഉള്ളവനോട് അഭ്യർത്ഥിക്കുകയാണ് അടിയന് അതിനുള്ള കഴിവൊന്നുമില്ലല്ലോ എൻ്റെ ഗുരുവായൂരപ്പ പക്ഷേ ഇതുപോലുള്ള ഭക്തന്മാർ ഭഗവത്കഥ പാടിക്കേൽപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു നിർത്തിയില്ലാത്ത ഒരു ഒരു ഘട്ടത്തിലാണല്ലോ അടിയൻ്റെ ജീവിതം അതുകൊണ്ട് ഇനി അടിയന് അവിടുത്തോടെ ഒന്നേ പറയാനുള്ളൂ ഒന്നേ അടിയന് ചെയ്യാനുള്ളൂ നമ പരസ്മൈ പുരുഷായ അടിയൻ അവിടുത്തെ ശ്രീപാദങ്ങളില്ല ശ്രീപാദങ്ങളിൽ ഇതാ നമസ്കരിക്കണേ ഗുരുവായൂരപ്പ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ നാരായണം നമസ്കൃത്യ നരം നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേൽ ശുഖസാരസ്വതം എന്ന പേരിൽ പ്രസിദ്ധമായ സങ്കീർത്തനങ്ങൾ ഓരോരോ കീർത്തനങ്ങൾ ചൊല്ലി ശ്രീശ്വബ്രഹ്മർഷി അവിടെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ശ്രീമത് ഭാഗവത സ്വരൂപിയായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പ്രത്യർച്ച കൃഷ്ണചരിതം അങ്ങനെ വീണ്ടും വീണ്ടും തൊഴുതു നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാ അവിടുന്ന് അടിയന്റെ വാക്കുകളിൽ സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസിമേ അക്ഷരബ്രഹ്മമായി അവിടുന്ന് അടിയങ്ങളുടെ വാക്കുകളിൽ കൂടി ഇതാ സജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് ഹൃദ്യന്തസ്തോയണി വിദുനോതി സുഹൃത്സദാം അവരുടെ മനസ്സിലുള്ള കലിക കന്മഷങ്ങളകറ്റി അവർക്ക് ആനന്ദരസമാസ്വദിക്കാറാക്കണേ ഗുരുവായിരപ്പ എന്ന് ശേഷ ബ്രഹ്മർഷി പ്രാർത്ഥിച്ചു ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരൂനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം ഗുരുപരമ്പരകളെക്കുറിച്ച് വന്ദേ ഗുരുപരമ്പരാം അപ്പോഴാണ് ഈ ശ്രീമത് ഭാഗവതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഒരു ചെറിയ ഒരവബോധം ഒരോർമ്മ ഒരു ഓർമ്മ പുതുക്കൽ ഉണ്ടായത് വാസ്തവത്തിൽ ഈ ഭാഗവതം എന്നുള്ളത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തന്നെ ഉറവെടുത്ത ഒരു മഹാപ്രവാഹമാണ് ഭഗവാൻകൽ നിന്ന് ബ്രഹ്മദേവനിലേക്ക് ബ്രഹ്മദേവനിൽ നിന്ന് നാരദനിലേക്ക് നാരദനിൽ നിന്ന് വേദവ്യാസ മഹർഷിയിലേക്ക് വേദവ്യാസ മഹർഷിയിൽ നിന്ന് ശ്രീശുഖബ്രഹ്മഹർഷിയിലേക്ക് ശ്രീശുഖബ്രഹ്മഹർഷിയിൽ നിന്ന് പരീക്ഷിത്ത് ഇങ്ങനെ അങ്ങനെ ഒഴുകിയൊഴുകി ഒഴുകി വരിക അതിലിവിടെ കഴിഞ്ഞ രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ അനുസ്മരിച്ചിട്ട് ബ്രഹ്മദേവനിൽ നിന്ന് ശ്രീനാരദ മഹർഷിക്ക് ഈ ശ്രീമത്ഭാഗവത കഥാരസം ആസ്വദിക്കാൻ ലഭിച്ച അവസരത്തെ കുറിച്ചാണ് ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ മാനസപുത്രന്മാരിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ നിന്ന് പല പല മക്കൾ ബ്രഹ്മാവിനുണ്ടായിട്ടുണ്ട് അതിൽ ഉത്സംഗ നാരദോ ജജ്ഞേ ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് പിറന്ന ഉണ്ണിയാണ് നാരദ ആ ഉണ്ണി അച്ഛൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മനോരാജ്യം വിചാരിച്ചിരിക്കണ പോലെ അച്ഛനിടയ്ക്കൊക്കെ എന്തോ പിറുവിറുറുക്കണ പോലെ ഇതെന്താ അച്ഛ ജോലി ചെയ്യണേ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണടച്ചും ഏപ്പോട്ടും നോക്കിയിരിക്കുന്നത് എന്താ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിറുവിറുറുക്കണേ നാല് നാവമുണ്ടും നാവുകൾ പരസ്പരം സംസാരിക്കുകയാണോ തോന്നും ബ്രഹ്മാവിന് നാല് നാവുണ്ടല്ലോ ശരിക്ക് പരദൂഷണം ചെയ്യാൻ എന്തൊരു സൗകര്യമാണ് നമുക്കൊക്കെ ആകെ നമ്മുടെ നാവൊന്നല്ലേ ഉള്ളൂ പിന്നെ വേറൊരാളുടെ നാവും കൂടിയും വേണ്ടേ സംഭാഷണം നടത്താൻ ബ്രഹ്മദേവന് അത് വേണ്ട തമ്മിൽ തമ്മിനെ ഒരു മുഖം മറ്റേ മുഖത്തിനോട് എന്താണോ പിന്നിൽ വിശേഷമൊന്നുമില്ല മറ്റേ മുഖത്തിനോട് ഇവിടെ ഈ ഭാഗത്തേക്ക് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖത്തിനും ചോദിക്കാം പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖത്തിനോട് വിശേഷമൊന്നുമില്ല അവിടെ പടിഞ്ഞാറ് ഭാഗത്ത് അതുപോലെ എന്താ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെയാ സൂര്യ ഉദിക്കുന്നുണ്ടോ എന്ന് പടിഞ്ഞാറ് മുഖത്തിന് ഇങ്ങോട്ട് ചോദിക്കാം അതുപോലെ നാല് ഭാഗത്തേക്കുമാണ് മുഖങ്ങൾ നാൻ മുഖനാണല്ലോ അങ്ങനെ വേണമെങ്കിൽ ബ്രഹ്മദേവന് സ്വന്തം മുഖങ്ങളെ കൊണ്ട് തന്നെ ബഹുമുഖമായ പ്രതിഭകളുടെ ഉടമയായ അദ്ദേഹത്തിന് ഒരാഭിമുഖത്തിന് വേറാൾ മയക്കും കൊണ്ടുവരുമൊന്നും വേണ്ട പരസ്പരം അവർക്ക് പരസ്പരാനുകഥനം പാവനം ഭഗവത് ദശ മിഥോരതിർ നിവൃത്തിർ മിഥ ആത്മന ഇങ്ങനെയൊരു സൗകര്യം ബ്രഹ്മാവിന് ജന്മന ഭഗവാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ എന്തെല്ലാം എന്തെല്ലാം സൗകര്യങ്ങളാണ് ഈശ്വര ഭജനത്തിന് ഭഗവാൻ ചെയ്തു തന്നിട്ടുള്ളത് അതൊന്നും നമ്മൾ പ്രയോജനപ്പെടുത്താറില്ല ഉള്ളൂ ബ്രഹ്മാവ് അത് പൂർണമായിട്ടും പ്രയോജനപ്പെടുത്തും നമ്മളൊരു നാരായണാന്ന് ജപിക്കണ സമയം കൊണ്ട് ബ്രഹ്മാവ് നാല് തവണ നാരായണനാമം ജപിച്ചിട്ടുണ്ടാവും നമ്മളൊരു തവണ കൃഷ്ണ എന്ന് പറയുന്ന സമയം കൊണ്ട് ബ്രഹ്മാവ് നാല് നാമങ്ങളെങ്കിലും ജപിച്ചിട്ടുണ്ടാവും അങ്ങനെ നാമം ജപിക്കാൻ എന്തൊരു സൗകര്യ ബ്രഹ്മാവിന് ഇത്രയേറെ മൂന്നാല് നാവും മൂന്നാല് ശിരസ്സുകളും ഒക്കെ ഉള്ളത് കൊണ്ട് സാധിച്ചത് അച്ഛനങ്ങനെ പെർവീർക്കൊന്നുമല്ല ഉണ്ണി ന ഭാരതീ മേങ്ക നവൈ കുജിന്മേ മനസോ മൃഷാഗതി അച്ഛൻ വെറുവിറുക്കുകയല്ല അച്ഛൻ്റെ ഉള്ളിൽ ഒരാനന്ദൂർത്തി ഇരിക്കുന്നുണ്ട് ആ ആനന്ദമൂർത്തിയെ വാഴ്ത്തി സ്തുതിക്കാൻ ശ്രമിക്കുകയാണ് അച്ഛൻ അച്ഛൻ വെറുതെ മനോരാജ്യം വിചാരിക്കുകയല്ല ആ ആനന്ദമൂർത്തിയുടെ പയാ പാദാതികേശം കേശാതിപാദം അച്ഛൻ ചിന്തിക്കാൻ ശ്രമിക്കുകയാണ് അച്ഛൻ വെറുതെ കൈയിട്ട് അങ്ങോട്ട് കാട്ടണമെന്നായ അല്ലല്ല അച്ഛൻ്റെ ഇന്ദ്രിയങ്ങൾ ഓരോന്നും ആ ആനന്ദ്മൂർത്തിയെ ഉപാസിക്കാൻ ശ്രമിക്കുകയാണ് ആ ആനന്ദ്മൂർത്തിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരാമോ അച്ഛ എന്ന് നാരദൻ അയ്യോ അച്ഛനൊന്നും അറിയില്ലല്ലോ ഉണ്ണി അച്ഛനാ കേവല അനുഭവാനന്ദ സ്വരൂപ കേവല അനുഭവാനന്ദ സ്വരൂപനാണ് ആനന്ദാനുഭവ സ്വരൂപനാണ് അവിടുന്ന് നല്ലാതെയുണ്ട് ഒന്നും അറിയില്ല മയം വിദന്തി തത്വേന അവിടത്തെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ എന്നിരുന്നാലും യതാരകർമാണി ഗായന്തി ഹ്യസ്മദാദയാ മയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമ എന്തൊക്കെയോ ഭഗവാന്റെ ലീലകൾ ലീലകൾ അങ്ങനെ ഭഗവാൻ്റെ ഏതാനും ചില ലീലകളെ കുറിച്ച് കേട്ടറിവുണ്ട് എന്നല്ലാതെ ആ ലീലകളുടെ തത്വങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ ഉണ്ണി ബ്രഹ്മാവൻ അറിവിന് സ്വരൂപം പോണ്ട ആളാണ് പറയണത് എനിക്കൊന്നും അറിയില്ലല്ലോ ഭഗവാനെക്കുറിച്ച് പക്ഷേ ഭഗവാന്റെ ലീലകൾ പാടാൻ എനിക്ക് എന്തോ ഒരു സുഖം തോന്നുന്നു അതുകൊണ്ട് ഞാൻ പാടുന്നു എന്നേ ഉള്ളൂ എന്നാച്ചൻ എന്നെയും കുറച്ച് പാട്ടു പഠിപ്പിക്കോ ആ ഭഗവാന്റെ ലീലകൾ എന്നെയും ഒന്ന് പാടിക്കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ബ്രഹ്മാവ് നാരദ മഹർഷിയെ പാടിക്കേൾപ്പിച്ചു എത്രോദ്യത ക്ഷിതി തലോദ്ധരണായ വിഭ്രൽ തനും സകല ത യജ്ഞമീം അനന്ത ഭഗവാൻ്റെ വരാഹാവതാരലീല തൊട്ടാണ് ബ്രഹ്മാവ് പാടിയത് നമ്മൾ പ്രഥമ സ്കന്ധത്തിൽ സൂതൻ ഭഗവാന്റെ ഇരുപത്തൊന്നാവതാരം അനുസ്മരിച്ചത് ഓരോന്ന് ഓരോന്നൊന്ന് എടുത്ത് സ്മരിശിക്കുകയുണ്ടായി ഇവിടെ ബ്രഹ്മാവ് ഇരുപത്തിനാല് അവതാരലീലകൾ നാരദനെ പാടിക്കേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ ഇങ്ങനെ എന്തോ പറയാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ ഉണ്ണി നാന്തം വിദാമ്യഹം അമീ മുനയോ ഗ്രസ്തേ മായാബലുരുഷ കുതോപരേയേ ഗായൻ ഗൃണൻ ദശശതാനന ആദിദേവ ശേഷ അധുനാ സമവസ്യതീ നാസ്യപാരം രണ്ടായിരം തലയുള്ള അനന്തന് ഇത്രയും നാളിരുന്ന് പാടിയിട്ടും ഭഗവാന്റെ ലീലകൾ പാടിയെന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുന്നില്ല അത്രയാണ് ഭഗവാന്റെ അനന്ത മഹിമ എന്തൊക്കെയോ അച്ഛൻ എന്തൊക്കെയോ അവിടത്തെക്കുറിച്ചൊന്നും ഇവരല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊരു നാലവതാരം ഭഗവാന്റെ ഹയ ശീർഷമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചൊരു രംഗം ഇവിടെ ബ്രഹ്മാവടുത്തെ ഇടരവതാരം കുതിരയുടെ മുഖായിട്ട് സിംഹത്തിൻ്റെ മുഖായിട്ടും ആമയുടെ ശരീരായിട്ടും അങ്ങനെയൊക്കെ ആ കൂട്ടത്തിൽ ഭഗവാൻ ഒരിക്കൽ കുതിരയുടെ മുഖം വെച്ചു വരുകയുണ്ടായിരുന്നു ഹയഗ്രീവമൂർത്തി അതൊരു ഭഗവാന്റെ അവതാരായിട്ട് പിന്നൊന്ന് ഭക്തി ഭഗവാൻ ഗജയൂഥായ ഹരി എന്ന പേരിൽ അവതരിച്ച് ഒരാനെ കൊണ്ടുപോയത് പിന്നെ സാക്ഷാൽ സ്വാഹാസ്വധാവ ശാസ്ത ഭവിഷ്യതീകല ഭഗവാൻ യുഗാന്തേ കഥാസ്യു പാഖണ്ഡിനോ ദ്വാളുകൾക്ക് ഈശ്വരപരമായ അവധാനത കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു ഇങ്ങനെ വരിക ബാക്കിയുള്ള കാര്യങ്ങളിൽ ആസക്തി വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചിങ്ങനെ വരിക ആ ഘട്ടത്തിലാണ് ഭഗവാന്റെ ഒരവതാരം എന്നാണ് ധർമ്മശാസ്ത്രാവായിട്ട് അവിടുന്ന് അവതരിക്കാൻ പോണു എന്നല്ല അവതരിച്ച് നമ്മളിപ്പോഴും ധർമ്മശാസ്ത്രാവിന് ആ ധർമ്മശാസ്ത്രാവിനെ ശരണാഗതി പ്രാപിക്കാൻ ശ്രമം നടത്തി വരുന്നുണ്ടല്ലോ ഇങ്ങനെ ശാസ്ത്രാവിൻ്റെ ഇതും ഭഗവാന്റെ തന്നെ ഒരു അവതാരമായിട്ടാണ് ബ്രഹ്മദേവൻ അനുസ്മരിച്ചത് സംഗ്രഹോയം വിഭൂതീനാം അച്ഛൻ ഈ സൃഷ്ടിയുടെ എന്തൊക്കെയോ പറഞ്ഞു എന്നേ ഉള്ളൂ ഒതുങ്ങി അച്ഛൻ്റെ ഈ വാക്കുകളിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല ഈശ്വരൻ്റെ ചൈതന്യം എന്നുള്ളത് അനന്തം അജ്ഞാതം അവർണ്ണനീയം അതിനെക്കുറിച്ച് വേണ്ട പോലെയൊന്നും അച്ഛന് പറയാൻ മെച്ചല്ല ഉണ്ണിക്ക് ഒരുപക്ഷെ പുതിയ തലമുറയല്ലേ പുതിയ തലമുറക്കാർക്കൊരുപക്ഷേ ഈ വിഷയങ്ങളെക്കുറിച്ച് കുറേ കൂടി ചിന്തിക്കാനും കുറേ സമർത്ഥമായിട്ട് ഹൃദയത്തിലെ ആശയങ്ങൾ ആവിഷ്കരിക്കാനും സാധിച്ചു എന്ന് വന്നേക്കാം അതുകൊണ്ട് ഉണ്ണി അച്ഛൻ പറഞ്ഞത് മാത്രമാണ് സത്യം എന്ന് കണക്കാക്കാതെ അച്ഛൻ പറഞ്ഞത് സത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സത്യത്തെ കൂടുതൽ കൂടുതൽ അന്വേഷിക്കൂ ഉണ്ണി അന്വേഷിക്കൂ കണ്ടെത്തും ഭഗവത്കഥകൾ പാടുമ്പോൾ ഒരു കാര്യം മാത്രം ഉണ്ണി ശ്രദ്ധിച്ചാൽ ബാക്കി എന്ത് തെറ്റും പറ്റിക്കോട്ടെ സാരല്ല ഭഗവത്കഥ പാടുന്നതിൻ്റെ ലക്ഷ്യം യഥാഹരോ ഭഗവതി നൃണാം ഭക്തിർ ഭവിഷ്യതീ ഭഗവാന്റെ ശ്രീവാദങ്ങളിൽ നമുക്ക് ഭക്തി ഉണ്ടാവണം ഭഗവത്കഥ പാടുന്നവരും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ് ഭഗവത്കഥ കേൾക്കുന്നവരും ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവായുരുവേശ നാഥസ്ത്വ നോ യഥ്രഭോ ഭഗവാനേ അവിടുത്തെ ശ്രീവാദങ്ങളിൽ അടിയങ്ങൾക്ക് ഭക്തി ഉണ്ടാക്കി തരണേ ഉള്ള ഭക്തി കൂടുതൽ കൂടുതൽ സമ്പുഷ്ടമായിട്ട് വരണേ ഈ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാവണം ഭഗവത് കഥ കേൾക്കുന്നതും ഭഗവത് കഥ പാടുന്നതും എന്ന് ബ്രഹ്മദേവൻ നാരദനെ മാത്രമല്ല ഈ ഭഗവത് കഥാശ്രവണ കീർത്തന സ്മരണാദികളിൽ തൽപരരായിട്ടുള്ള ആളുകളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു ഇനി സാക്ഷാത് ബ്രഹ്മദേവന് ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീമുഖത്ത് നിന്ന് ഈ പകർന്നു കിട്ടിയ രംഗാണ് അനുസ്മരിക്കുന്നത് ശ്രീരാജോ ബ്രഹ്മണ ചോദിതോ ബ്രഹ്മണ് ഗുണാഖ്യേ ഗുണസ്മൈ യസ്മൈ യഥാഹനാരദോ ദർശന എത് വേദിച്ഛാമി തത്വം വേദവിഡംബര ഹരേത്ഫുലവീജ്യോകസു മംഗള കഥയസ്വ മഹാഭാഗ യഥമഖിത്മനി കൃഷ്ണേ നിവശ്യ നിസ്സംഗം മനസ്സൃക്ഷേബരം ശൃണു ശ്രദ്ധയാം ഗൃഢത സ്വചേതം കാലേനതി ദുഃഖേണ ഭഗവാൻ വിശദേ ഹൃദി പ്രവിഷ്ട്രേണ സ്വാനം ഭാവസരൂരുഹംതിരൽ ഭൗദാത്മാ പുരുഷ കൃഷ്ണ പാദമൂലം മുക്തസർവരിക്ലേശ പാന്ധസ്വശരണംസ്ഥാനലക്ഷണം ോക്ത സംസ്ഥയ അജസ്സജതി ഭൂതരിഭൂതാത്മാ തനുഗ്രഹാൽ തദ്വം നൽ സമത്ഭവ സജാത്ര പുരുഷോ വിശ്വസ്റ്റുതുഭവ്യ മുക്വാത്മമായാ ശൈതാശയ പുരുഷ അയവോകൂർ കൽത ലോകൈരമുഷയാവയ സബാലമ യാവാൻകല്പോ വികല്പോ വാല്യതമ ശബ്ദ ആയുർമാനം ജയസ്ത്രന്മീശബ്ദ്യാവോ സം യൻകർമ്മസമാ യഥിഹ്യതേ ഗുണാനം ഗുണനുജവ പരിണമമഭിക്ഷിത ഭൂപാ ഗൃഹനക്ഷത്രൂമതോ മഹതം ചർമേ യുഗേ അവതാരനുചരിതം യ്ശര്യമോ ധർമ്മസവിശേഷ ശ്രേണീന രാജശ്രീണർ ജീവിതം തത്വാം പരിസ്യാനം ലക്ഷണം ഹേതുലക്ഷണം പുരുഷ ആരാധന യോഗസ്ഥരൈ യോഗേശ്വരഐശ്വര്യഗതി ലിംഗസംഗസ്ഥയോഗിരം വേദോ വേദസർമാണമതിഹസാസപുരാണയോ സംബ്ലവസ്വർഭൂതം വിക്രമ പങ്ക ഇഷ്ടാമൂർത്ത കാമ്യനും യോ വിധി യശ്ചാശായം സർഗപാഖണ്ഡ സമ്പഭവ ആത്മനോ ബന്ധമോക്ഷ വ്യവസ്ഥാനം സ്വരുപതാം യഥാത്മതന്ത്രോഭവാൻ വിക്രീഡത്യാത്മമായ വിസജ്യവ രാമായാം ഉദാസ്തേ സാക്ഷി വർമേ ഭഗവാൻ പൃച്ഛച്ഛച്ഛച്ഛച്ഛതേ മേനുപൂർവർത്തു ദോഹസുദാ പ്രമന്നായ മഹാമുനേ അത്ര പ്രമാണമ പരമേശീഥാ ൂ പരേജയാം പൂർവജം നമേ സമ പരാതിയൂഷമ അന്യത്രജാ ശ്രീ സോവാച സൗപാമന്ത്തോ രാജ്ഞാ കഥായ ബ്രഹ്മരാദോംഭൃതോ വിഷ്ണുരാതേന സംസതി പ്രാഹഭാഗവതം നമ പുരാണം ബ്രഹ്മസംവിധം ബ്രഹ്മണേ ഭഗവത് പ്രോക്തം ബ്രഹ്മകല്പ ഉഗതേ എന്ത് പരീക്ഷദ പാണ്ടുവിനുഭതി ആനുപൂർവേണ തത്സവം ആഖ്യാതോപക്രമേശാവുരാണേർത്ത േ പരസ്മൻകാലമായോ രമേത ഗതമ്മൂഹ തേതോഭയം ആത്മതത്വുദ്ധ്യത ഭഗവാൻ ദർശയൻ രൂപം സ ആദി ദോ ജഗദംബരോ ഗുരു സ്വനിമാധ്യഗച്ഛന്ദ്രസംബം പ്രപഞ്ച നിർമാണ വിജയം സ ചിന്തയന്ത്ക്ഷരമേകുവാചി ദുർഗജിംബരോ സ്മർശേഷി ഷോടമേകം നിഷിഞ്ജനം വിധു നിശമ്യതൃക്ഷയാലുശ്യമാനം സ്വനിഷ്യമത്തിപീമന തസ്മൈ സ ലോകം ഭഗവാന് സമാജ സന്ദർശയാക്ലേശ വിമോഹസധ്വസം സുഷ്ടം പ്രവർത്തതയം